ആകാശങ്ങളുടെയും ഭൂമിയുടെയും അദൃശ്യകാര്യങ്ങൾ അള്ളാഹ് ഹുസുബെഹാനഹുവറ്റ ആലായുടേതാണ് പുനരുത്ഥാന നാളിന്റെ കാര്യം ഒരു കണ്ണിമയ്ക്കുന്ന നേരത്തെയോ അതിനേക്കാൾ വേഗത്തിലോ ആണ് തീർച്ചയായും അള്ളാഹ് ഹുസുബഹാനഹുവറ്റ ആല എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു